അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നഹി അസന്യസ്ത സങ്കൽപ്പ യോഗി ഭവതി കഷന് സന്യാസവും യോഗവും ഒന്നാണ് ഏതോ ഒന്നിനോടുകൂടെ ഉള്ള സംഘത്തിനെ വിടുന്നു അപ്പൊ മറ്റൊന്നിനോടുള്ള സംഘം നമുക്ക് അനുഭവത്തിൽ വരണു സുഷുപ്തി അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോ ശരീരത്തിനോടും മനസ്സിനോടും ബുദ്ധിയോടും ലോകത്തിനോടും ഒക്കെ ഉള്ള സംഘം മുഴുവൻ വിട്ടുപോകുന്നു അപ്പോഴാണ് ആത്മാവിന്റെ സ്വതസിദ്ധമായ സുഖം ആവിർഭവിക്കുന്നത് ദേഹത്തിന് ഓർമ്മ വെച്ചുകൊണ്ടിരുന്ന ഉറങ്ങാൻ പറ്റുമോ ലോകത്തിലുള്ളതിനെ വിട്ടുപോയിട്ടില്ലെങ്കിൽ ഉറക്കം എന്നുള്ള അവസ്ഥ വരില്ല ഇത് വിട്ടുപോകുമ്പോ ഇത് വിട്ടുപോകുന്നതും അത് ആവിർഭവിക്കുന്നതും ഒരേ സമയത്ത് നടക്കാം അല്ലേ അതേപോലെ കർമ്മഫലത്തിനെ സന്യസിച്ചാൽ ഫല ഇച്ഛയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരുന്നാൽ ആത്മാവിനോടുള്ള നിത്യോഗം നമുക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടേയിരിക്കും നമ്മള് നേടിയെടുക്കേണ്ടതല്ല മെഡിറ്റേഷൻ കൊണ്ട് നേടിയെടുക്കുകയല്ല ചെയ്യണത് നമുക്ക് മറ്റു വസ്തുക്കളോടുള്ള ആശ്രയം വിട്ടു കഴിയുമ്പോ നിത്യമായ ആശ്രയമായ വസ്തുക്കളിൽ പ്രകാശിക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ആശ്രയിക്കാനൊന്നുമില്ല നമ്മൾ സ്വയമേവ പൂർണ്ണരാണെന്ന് മനസ്സിലാവും അനുഭവത്തിൽ വരും പതുക്കെ പതുക്കെ തെളിയും ഡിസ്കവർ ആവും കവർ അങ്ങോട്ട് നീങ്ങും നമ്മൾ ഫലത്തിനെ ആശ്രയിക്കും തോന്നും നമ്മൾ കൃപണന്മാരാണെന്നാണ് പിശുക്കന്മാരാണ് ഫലത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഏകദേശീയം നാരോ ഡൗൺ ആയിട്ട് തീരും ഫലത്തിനെ ആശ്രയിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഏകദേശീയ സത്തപ്പോവും അഖണ്ഡമായിട്ടിരിക്കും അപ്പോ യോഗം എന്ന് പറയണത് നമ്മള് യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ധരിക്കണത് ശീർഷാസനം പദ്മാസനം ശവാസനം ഇതൊക്കെയാണ് യോഗം ധരിക്കണത് ഇതൊന്നുമല്ല ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മാവിന്റെ അനുഭവത്തിനെയാണ് ഭഗവാൻ ഇവിടെ യോഗമെന്ന് പറയണത് ഉപേക്ഷിക്കുമ്പോ പൂർണ്ണത പ്രകാശിക്കും നമ്മള് ധരിക്കണത് നേടിയെടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ സുഖിക്കും എന്നാണ് ഭഗവാൻ പറയണത് തള്ളി മാറ്റുമ്പോൾ സ്പേസ് ഉണ്ടാവും സ്പേഷ്യസ് ആവും അല്ലെ തള്ളി മാറ്റുമ്പോൾ പലതും ഉപേക്ഷിക്കുമ്പോൾ പലതിനെ ആശ്രയിക്കാതാവുമ്പോൾ നിങ്ങൾ കാണും പൂർണത നിങ്ങളിൽ ഉണ്ട് നിങ്ങൾ പുറമേ നിന്ന് നേടിയെടുക്കേണ്ട ആശ്രയം നമ്മളിൽ നമ്മൾ ആശ്രയിക്കേണ്ട ഒരു വസ്തു പുറത്ത് ആശ്രയിക്കാനില്ല എല്ലാ ആശ്രയവും വിട്ടുകഴിഞ്ഞാൽ നമ്മൾ കാണാം നമ്മൾ സ്വയമേവ പൂർണ്ണനാണ് സ്വതന്ത്രനാണ് മുക്തനാണ് ം സന്യാസമിതിപ്രാഹു യോഗം തം വിദ്യ പാണ്ഡവ ബാഹ്യമായൊക്കെ ഉപേക്ഷിക്കപ്പെടുമ്പ തന്നെ നമ്മളെ നമ്മളല്ലാത്ത വസ്തുക്കളോടുള്ള പറ്റുവിടുമ്പോ നമ്മൾ എന്താണോ അത് പ്രകാശിക്കും അറിയുണ്ടോന്ന് അറിയില്ല വീണ്ടും വീണ്ടും ആ സുഷുപ്തി അവസ്ഥയെ നോക്ക എല്ലാം വിട്ടുപോവാണ് സുഖമായി ഉറങ്ങുമ്പോ ശരീരമില്ല മനസ്സില്ല അഹങ്കാരം ഒക്കെ പോയി പക്ഷെ ആ സുഖം എവിടുന്ന് വന്നു ആ സുഖം എവിടുന്ന് വന്നു എല്ലാം പോയപ്പോ അതോ ബ്രഹാരണ്യകോപനിഷത്ത് പറഞ്ഞത് ആത്മാവ് താനേ എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണ് ഉറക്കമെന്നാണ് അസങ്കോഹിയായം പുരുഷ ഈ പുരുഷൻ സ്വയമേവ ശരീരത്തിനോടുള്ള പറ്റിനെയൊക്കെ വിടുകയാണ് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അല്ലേ എത്ര നാച്ചുറലാണെന്ന് നോക്കൂ ദേഹവുമായിട്ടുള്ളതൊക്കെ അസ്യൂംഡ് റിലേഷൻഷിപ്പാണ് അതുകൊണ്ടാണ് വളരെ ലാഘവത്തോടു കൂടെ ഉറക്കത്തിൽ പോകുമ്പോൾ ദേഹത്തിനൊക്കെ വിടുന്നത് ലോകത്തിനെയൊക്കെ വിടുന്നത് മനസ്സിനെയും ഉപേക്ഷിക്കുന്നു പിന്നെ നമ്മൾ എന്തായിരുന്നു അറിയില്ല സുഖമായിരുന്നു എന്ന് മാത്രം അറിയണ്ട് പിന്നെ ഒന്നും അറിയണില്ല അവിടുത്തെ കാര്യം അപ്പോ സന്യാസം എന്ന് ഭഗവാൻ ഇവിടെ പറയണത് ആത്മജ്ഞാനമാണ് സന്യാസം നമുക്ക് കർമ്മമോ കർമ്മഫലമോ വേണ്ട നമ്മളുടെ പൂർണ്ണതയ്ക്ക് നമുക്ക് പൂർണമായിരിക്കാൻ ശരീരമേ വേണ്ട ശരീരമില്ലാതെ തന്നെ സുഷുപ്തിയിൽ നമ്മൾ പൂർണരായിരുന്നു നമ്മളുടെ സത്ത ശരീരത്തിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കണില്ല നമ്മളിൽ ഒരു അപ്പിയറൻസ് ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അത് എത്ര കാലം നിൽക്കും മറഞ്ഞു ജയിലിൽ കുറെ കാലം കഴിഞ്ഞാൽ ആളുകൾക്ക് ജയിലില്ലാതെ സുഖിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നും അങ്ങനെയൊക്കെ സൂക്കേട് ഇണ്ട് പത്ത് വർഷം ഒരാള് ജയിലിൽ കിടന്നു അത് കഴിഞ്ഞാൽ അയാള് പുറത്തു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കൈ പിടിച്ചു നടക്കണോ അത്രേ നാല് വിരല് മുമ്പിൽ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാലേ ഒരു സുഖമുള്ളൂ എന്നാണ് അയാൾക്ക് കമ്പിയുടെ ഇടക്കൂടെ നോക്കണം അപ്പൊ നാല് വിരല് മുമ്പില് വെച്ച പിടിച്ച് അതിന്റെ ഇട കൂടെ നോക്കിക്കൊണ്ടേ നടക്കാം അതൊരു സൂക്കേടായി മാറിയോ അതുപോലെ നമ്മളല്ലാത്ത എന്തിനോടോ ഉള്ള ഒരു പറ്റു കാരണം നമ്മൾ വാസ്തവത്തിൽ എന്താണെന്ന് നമ്മൾ മറന്നു കഴിഞ്ഞു ഉപനിഷത്തിൽ പറഞ്ഞ കഥ രാജകുമാരൻ എവിടെയോ കാട്ടിൽ പോയി കാട്ടുജാതിക്കാരുടെ കൂടെ ജീവിച്ചു താൻ രാജാവിന്റെ മകനാണെന്നും രാജ്യാധിപതിയാണെന്നും ഒക്കെ മറന്നുപോയി അയാളെ വിളിച്ചുകൊണ്ടു വന്ന അവസാനം എപ്പോഴോ തിരിച്ചു കിട്ടുകയാണ് തിരിച്ചു കിട്ടി അയാളെ നീ എന്ത് ചെയ്യണം നേരെ ചൊവ്വേ പറഞ്ഞു മനസ്സിലാക്കണം ഉള്ളൂ അല്ലേ നീ രാജകുമാരനാണ് രാജ്യം ഭരിക്കേണ്ട ആളാണ് അതുപോലെ ആചാര്യൻ ചെയ്യണതും ഇത്രയേ ഉള്ളൂ നീ ശരീരമല്ല ഈ ശരീരത്തിന്റെ ദോഷങ്ങളൊന്നും നിന്നിൽ ഇല്ല നിന്നിൽ ഉണ്ടെങ്കിൽ ആരെ കൊണ്ടൊന്നും നീക്കാനും പറ്റില്ല ഒരു ശാസ്ത്രത്തിനെ കൊണ്ടും നിങ്ങൾ ശരീരമാണെങ്കിൽ നിങ്ങൾക്ക് മുക്തി തരാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ ശരീരമാണെന്ന് ധരിച്ചുകൊണ്ട് മുക്തി നേടാൻ പറ്റില്ല അപ്പൊ നമ്മളെ തന്നെ നമ്മളെ പുതിയതായിട്ട് കാണുകയാണ് അതാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് സൂക്ഷ്മ ദർശനമാണ് നമ്മളുടെ പൂർണ്ണതയ്ക്ക് നമുക്ക് ദേഹം ആവശ്യമില്ല എന്നാൽ ദേഹം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ദേഹത്തിന് ഒന്നും തള്ളിക്കളയാനല്ല അത് എന്ത് പ്രവൃത്തി ചെയ്യാൻ ലോകത്തിൽ ആ പ്രവൃത്തിയിൽ നമ്മൾ കുറുകെ നിൽക്കാതിരിക്കുക ആ പ്രവൃത്തി കൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല ഒന്നും നഷ്ടപ്പെടാനും ഇല്ല എന്താവും ഭംഗിയാവും പ്രവൃത്തി കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണെന്ന് പറഞ്ഞ് ചെയ്യണു അത് കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടിയാലും നമുക്ക് എന്ത് വേണം നമുക്ക് കുറെ പണം കിട്ടി അത് എത്ര കണ്ട് നമ്മൾ ഉപയോഗിക്കും ഊണ് കഴിക്കണം ഉറങ്ങണം ജീവിക്കണം ഇത്രയല്ലേ വേണ്ടു അല്ലേ ആഗ്രഹം കുറയ്ക്കും തോറും നമ്മൾ സ്വതന്ത്രരാകും ഭാഗവതത്തില് സപ്തമസ്കന്ധത്തിൽ നാരദൻ പറയേണ്ടത് ഒരു ഗൃഹ ഒരു ഗൃഹസ്ഥന് പ്രാരബ്ദമനുസരിച്ച് ധാരാളം പണം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ തള്ളിക്കളയോ വേണ്ട പക്ഷേ അയാളെ ഒരു ഭാവം ഉള്ളതിൽ വെച്ചാൽ മതി യാവേത ജഠരം താവത് സ്വത്വം ഹിദേഹിന വയറും നിറയ്ക്കാൻ എത്ര വേണോ അത്രേ എന്റെ ഉള്ളു അതിൽ കൂടുതലൊക്കെ ഇവിടെ ഉണ്ട് അത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വ്യവഹരിക്കാനും പുറപ്പെടൊന്നും വേണ്ട ആരെങ്കിലും എതിർച്ചയ വന്നോ അവർക്ക് ആവശ്യം ഉണ്ടോ കൊടുക്ക കൊടുത്തു കഴിഞ്ഞാൽ മറന്നു കളയണം പത്രത്തിലൊന്നും ഇടാൻ പാടില്ല അതിന് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ പാടില്ല എന്നാൽ പിന്നെ അതൊരു ചങ്ങലയായിട്ട് മാറും പിന്നെ പിന്നെയും പിന്നെയും പിന്നെയും അതിൽ എന്തൊക്കെയോ പ്രവർത്തികൾ വരും സർവീസ് എന്ന് പറയുന്നത് എന്താ യു ഹാവ് ടു സെർവ് വിത്ത് ഈസ് വെർ നോട്ട് ബി എനിക്ട് സെർവ് വിത്ത് എന്ത് ഈസ് ഇ എസ് മാത്രല്ല ഐ എസ് In സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് യു ഹാവ് ടു സെർവ് വാട്ട് ഈസ് അപ്പോ ഗൃഹസ്ഥന് കർമ്മം ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ കർമ്മത്തിൽ നിന്ന് karmam കർമ്മം Karmam കർമ്മം നമ്മളെ സ്വതന്ത്രമാക്കും കർമ്മം തന്നെ നമുക്ക് പൂജയായിട്ട് തീരും ആരാധനയായിട്ട് തീരും എന്ത് karmam, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വേണ്ടി ചെയ്യണില്ല എനിക്ക് അതിന് ഒന്നും കിട്ടാൻ വേണ്ടി ചെയ്യണില്ല അങ്ങനെ ചെയ്യും തോറും നമ്മളിൽ പ്രേമം ഉറവെടുക്കും പ്രിയം ഉറവെടുക്കും നമ്മൾ പതുക്കെ പതുക്കെ പതുക്കെ എല്ലാവരിലും ഉറങ്ങിക്കിടക്കുന്നതായ നമ്മളുടെ ഉള്ളിൽ കണ്ട അവിടെയും കാണും അതിൻ്റെ ഉയർത്തെ നമ്മൾ കാണും ഓരോരുത്തരിലും ആ കാണുന്നത് തന്നെ വലിയൊരു ആനന്ദമായിട്ട് തീരും മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ആരാധനാമൂർത്തിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാൻ ഉണരുന്നത് എനിക്ക് കാണാൻ കഴിയുമെങ്കിൽ ഇവിടെ ഇരുന്ന് നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് ആ പൂജയാവും അങ്ങനെ ഞാൻ കാണുകയാണെങ്കിൽ എൻ്റെ ആ ദൃഷ്ടി തന്നെ നിങ്ങളിൽ ആനന്ദം ഉണ്ടാക്കും ആ ആനന്ദത്തോടുകൂടെ നിങ്ങളെ എന്നെ നോക്കുമ്പോൾ എനിക്കും ആനന്ദ ഉണ്ടാവും അത് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഉള്ളതല്ല ഐക്യാനുഭവമാണ് പറയണ ആള് കേൾക്കണ ആളോ ഇതേപോലെ നമ്മൾ ഒരു ഭിക്ഷക്കാരന് കൊടുക്കുമ്പോ എന്തെങ്കിലും ആർക്കെങ്കിലും വിശക്കണ ആൾക്ക് കൊടുക്കുമ്പോ അതിലൊക്കെ നമ്മൾക്കിപ്പോ പലരും നമ്മളുടെ ബുദ്ധിയിൽ വരും ആളുകൾ ചൂഷണം ചെയ്യൂലേ അങ്ങനെയൊന്നും അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല എതിർച്ചാ നിയമമാണത് എതിർച്ച നമ്മുടെ കയ്യിൽ ഉണ്ടോ കൊടുക്കുക ഇല്ലാത്തവൻ കൊടുക്കാൻ കടപ്പാടുള്ളവനും അല്ല കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇതിന് പുറകിൽ ഒരു കാര്യം അറിയണം നമ്മൾ ആരെയും കൊടുത്തിട്ട് ഈ ലോകം നന്നാക്കാനും ഉദ്ധരിക്കാനൊന്നും പോണില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ കൊടുക്കൂ കടലില് തോണിയിൽ പോണു ഞാൻ ഇപ്പൊ നമ്മളിപ്പോ കാശിയിലൊക്കെ പോയാൽ ബോട്ടിൽ കയറുമ്പോ വാസ്തവത്തിൽ പെടുതോന്നു എന്താന്ന് വെച്ചാൽ വെള്ളം വന്നുകൊണ്ടേ ഉള്ളിലേക്ക് തോണിയിലൊക്കെ അവർക്കൊന്നും പേടിയില്ല ഈ തോണി തുഴയുന്ന ആള് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് തൊഴഞ്ഞോണ്ടിരിക്കും തോണിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറിക്കൊണ്ടേയിരിക്കും അയാള് ശ്രദ്ധിച്ചിട്ടില്ലയോ എന്ന് പറഞ്ഞിട്ട് തോണിയിൽ വെള്ളം വരുന്ന അയാൾ സാറും ഇല്ലാന്ന് പറയാം കൊറേ വെള്ളം വരും എന്താന്ന് വെച്ചാൽ അവരുടെ ടെക്നിക്ക് എന്താ കൊറേ നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ കോരി വീണ്ടും ഗംഗയിലേക്ക് തന്നെ ഒഴിക്കും അങ്ങനെ കോരി ഗംഗയിൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ കൊറേ കഴിഞ്ഞ ജലസമാധി ആവും നമ്മൾ അപ്പോ ഗംഗയില വെള്ളം തോണിയിൽ കയറണ വെള്ളം കോരി ഒഴിക്കണ പോലെ എക്സ്ട്രാ എന്തൊക്കെ നമ്മളുടെ ഉള്ളിൽ വരണോ അത് കോരി ഒഴിക്കാൻ പഠിക്കുകയാണ് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരോ അല്ല കൊടുക്കണമെന്ന് പറഞ്ഞ് ആവശ്യമില്ല എന്നാണ് മഹാഭാരതത്തിൽ ഭീഷ്മർ പറയണ ഒരു ഉപദേശാണ് ധർമാർത്ഥം യസ്യ വിത്തേഹ വരം തസ്യ നിരീഹത ധർമ്മം ചെയ്യാൻ വേണ്ടി ഞാൻ പണുണ്ടാക്കണു എന്ന് ഒരുത്തൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അയാള് പണ ഉണ്ടാക്കി ധർമ്മം ചെയ്യുന്നതിനെക്കാളും ആ ആഗ്രഹത്തിന് ഉപേക്ഷിക്കുന്നത് വലിയ ധർമ്മമാണ് പ്രക്ഷാളനാധി പങ്കസ് പർശനം വരം മേലെ ചളിയായി എന്ന് വെച്ചാൽ ആ ചളി തുടച്ചു കളയേണ്ടതാണ് പക്ഷെ ചളിയെ ആയിട്ടില്ലെങ്കിൽ ചളിയാക്കിയിട്ട് തുടച്ചു കളയേണ്ട ആവശ്യമില്ല നിനക്ക് ആവശ്യത്തിലധികം സാധനങ്ങളെ വസ്തുക്കളെ ധനത്തിനെ കൂട്ടണത് തന്നെ ഒരു മഹാപാപമാണ് ആ പാപത്തിനുള്ള പ്രായസ്യത്താണ് കൊടുത്തു തീർക്കുക എന്നുള്ളത് കൂട്ടിവയ്ക്കാത്ത കൊടുത്തു തീർക്കാം എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കാം ഒരു ചാൻസ് കിട്ടുമ്പോ കൊടുത്തു തീർക്കാം അപ്പൊ കർമ്മഫലമും ഇതുപോലെ നമ്മൾ ആശ്രയിക്കാതെ കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ നമ്മൾ പ്രവർത്തിക്കണു അതിലെന്തൊക്കെയോ ഫലം അധികമായിട്ട് വരണമെങ്കിൽ ഒന്നിലത് അവിടെ കിടക്കട്ടെ അത് നമ്മളുടെ ഒന്നുമല്ല എന്തൊക്കെയോ പല സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ അത് അവിടെ കിടക്കട്ടെ എതിർച്ച ആരെങ്കിലും നമ്മളുടെ മുമ്പിൽ വന്ന് ചോദിച്ചു നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ അതും വേണ്ട ഉണ്ടെങ്കിൽ ധാരാളം വാരിക്കോരി കൊടുക്കുക നമുക്ക് അവസാനം നമുക്ക് ഉണ്ണാനുള്ളത് മാത്രം ഉണ്ടായാൽ മതി ഒരു ഭാഗവതത്തിലെ രന്തിദേവൻ തൻ്റെ കയ്യിൽ കിട്ടിയ ഉണ്ണാൻ തനിക്ക് അവസാനം ഉള്ളതാണ് അതിനെപ്പോഴും ും മുമ്പ വന്ന് ചോദിച്ചപ്പോ കൊടുത്തു ഭക്ഷണത്തിന് കൊടുത്തു കുടിക്കാൻ വെള്ളം ഇത്തിരി എടുത്ത് കുടിക്കാന്ന് വെച്ചാൽ അതിനെയും കൊടുത്തു അതും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോ വ്യാസൻ പറയണത് മായ ഒരു സ്ക്രീന് വലിച്ചാൽ എങ്ങനെ മാറി പോകൂ അതുപോലെ രന്തിദേവന്റെ മുമ്പിൽ നിന്നും മാറിപ്പോയി എന്നാണ് ആ ക്ഷണത്തിൽ അയാള് രന്തിദേവൻ ഞാൻ ബ്രഹ്മമാണ് പൂർണ്ണമാണ് അഖണ്ഡമാണെന്ന് അനുഭവിച്ചു വന്നു ആ ഫലം അമൃതത്വമാണ്ശോ ത്യാഗം കൊണ്ട് അമൃതത്വം അപ്പൊ അത് തന്നെ സന്യാസം ഈ സന്യാസം പ്രാവർത്തികമാക്കാൻ എന്താ തടസ്സം നമ്മളുടെ അഹങ്കാരം തന്നെ തടസ്സം അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റ് എത്രയോ ജന്മവുമായിട്ട് ആർക്കും കൊടുക്കണ്ട നമ്മളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം എന്ന് കൊറേ ചിത്തവൃത്തികൾ ഉണ്ട് ഉള്ളിലെ അങ്ങോട്ട് ശേഖരിച്ചു വെക്കണം കൂട്ടിക്കൂട്ടി വെക്കണം ഇതിനൊക്കെ വിപരീത ചിത്രവൃത്തികൾ ഇപ്പൊ സത്സംഗത്തിൽ കൊണ്ടുവരികയും പതുക്കെ മനനം ചെയ്യുകയും അഹങ്കാരത്തിന് വിരോധിനിയായ വിദ്യയെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് തുടങ്ങുകയും ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ നമ്മള് അഖണ്ഡമായി തുടങ്ങും നമ്മൾ സർവദേശീയമായി തുടങ്ങും നമ്മൾ പതുക്കെ പതുക്കെ ഇവിടെ മാത്രം ഒരു നമ്മൾക്ക് കിട്ടിയിട്ട് സന്തോഷിക്കണം എന്നില്ല മറ്റുള്ളവർക്ക് കിട്ടി അപ്പോ സന്യാസം എന്ന് പറയണത് നമ്മൾ ആവിർഭവിക്കും പക്ഷേ ഇതൊരിക്കലും വേറെ ഒരാളുടെ പ്രാരബ്ധ കർമ്മത്തിൽ കടന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്റെ ബേസിക് ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ വന്നിരിക്കണവോ നിങ്ങളുടെ കർമ്മ സ്വഭാവം എന്താണോ ആ ഫീൽഡിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ ഒരിടത്ത് പോയി ഇരുന്ന് കളക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവനവൻ്റെ കർമ്മമണ്ഡലത്തിനെ അറിഞ്ഞുകൊണ്ട് സ്വഭാവത്തിനെ അറിഞ്ഞുകൊണ്ട് ഇതൊരു തപസ്സാണ് ഇത് വേറെ ആർക്കും ഇത്രയും മാത്രമേ നമുക്കിപ്പോൾ പറഞ്ഞു തരാൻ പോലും പറ്റുള്ളൂ ഇതിൻ്റെ ഫർദർ പോയിന്റ്സ് നമ്മൾ ജീവിച്ച് കണ്ടുപിടിക്കണം കൊടുങ്കാട്ടിൽ പെട്ട് കഴിഞ്ഞാൽ വഴിയൊന്നുമില്ല നടന്നു വഴി ഉണ്ടാക്കുകയാണ് നമ്മൾ അല്ലേ അതുപോലെയാണ് ഈ കർമ്മത്തിൻ്റെ കാട്ടിനുള്ളിൽ പുറത്തു വരാനും നമ്മൾ തന്നെ നടന്നു വഴി കണ്ടുപിടിച്ച് ഉണ്ടാക്കി സ്വതന്ത്രരാവണം അതാണ് സന്യാസമെന്നും യോഗമെന്നും പറയണത് അങ്ങനെ കർമ്മത്തെന്ന് വിട്ടു പോകും തോറും നമ്മള് യോഗികളായിട്ട് തീരും യോഗികൾ വെച്ചാൽ ശാന്തരായിട്ട് തീരും ശാന്തരായിട്ട് തീരും അതായത് നമ്മളിൽ കർമ്മത്തിൻ്റെ വാസന ഉണ്ടാവില്ല ധ്യാനം എന്നുള്ളത് നമുക്ക് സഹജമായിട്ട് തീരും നമ്മൾ ശരീരമല്ലെന്നും മനസ്സല്ലെന്നും ബുദ്ധിയല്ലെന്നും അഖണ്ഡമായ പൂർണ്ണ വസ്തുവാണെന്നും ആകാശം പോലെ സർവവ്യാപിയായ വസ്തുവാണെന്നും ഉള്ളുപുറമൊന്നും ഇല്ലെന്നും ശീതളമായ ഒരു ഉണർവ് ഒരു ബോധം സ്ഫൂർത്തി നമ്മളിൽ സഹജമായി വന്ന് പിടികൂടും നിജാനുഭൂതി പതുക്കെ പതുക്കെ പതുക്കെ തെളിഞ്ഞു വരും നമ്മളെ അറിയാതെ നമ്മളുടെ ഉള്ളിൽ അത് പ്രകാശിക്കും കർമ്മത്തിനപ്പുറമുള്ള സ്ഥിതിയാണത് നൈഷ്കർമ്മ സ്ഥിതിയാണ് അതിലേക്ക് പോകും തോറും നമ്മൾക്ക് കർമ്മമൊക്കെ വിട്ടുപോകും ഒരു കുറവില്ല നമ്മൾ പൂർണ്ണരാണെന്ന് തോന്നും നമ്മൾ ഈ ശരീരമോ മനസ്സോ ഒന്നുമല്ല കേവല ചിത്സ്വരൂപമായ വസ്തുവാണ് അഖണ്ഡമായ വസ്തുവാണ് അവിഛിന്നമായ വസ്തുവാണ് പൂർണമായ വസ്തുവാണ് ശാന്തിയെ നമ്മളുടെ സ്വരൂപമാണ് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഒന്നും നമ്മളെ ബാധിക്കില്ല നമ്മൾ പൂർണ്ണരാണ് സ്വയം പ്രകാശരാണ് എന്നുള്ള അനുഭവം ഏർപ്പെട്ടു തുടങ്ങും അപ്പോ പതുക്കെ പതുക്കെ നമ്മൾ യോഗാരൂഢരാവണു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് യോഗത്തിൻ്റെ പടി അതായത് നമ്മളുടെ ഉള്ളിൽ മനസ്സെന്ന് പറയുന്ന ആ അനിരുവചനീയ ശക്തി പതുക്കെ പതുക്കെ മനസ്സ് എന്നുള്ളത് മാറുകയാണ് അത് കേവല ചിത് ശക്തിയായിട്ട് മാറുക ചിത്ത് ശക്തി കറപ്റ്റഡ് ആവുമ്പോഴാണ് മനസ്സാവണത് മനസ്സ് റീഫൈൻഡ് ആവുമ്പോ അത് ചിത്ത് ശക്തിയായിട്ട് മാറും ഇറ്റ് ബിക്കംസ് ദ പവർ ഓഫ് കോൺഷ്യസ്നസ് എനർജി ഓഫ് കോൺഷ്യസ്നെസ് അതിപ്പോ അതൊക്കെ ബാഹ്യ വസ്തുക്കളിൽ രമിപ്പിക്കും മനസ്സുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണം എന്താ അങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ നോക്കും ഇവിടെ നോക്കുമ്പോൾ എന്തിലേക്കോ എക്സൈറ്റഡ് ആവും ഡിപ്രസ്ഡ് ആവും ഇതൊക്കെയാണ് മനസ്സിന്റെ ലക്ഷണം കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിച്ച് സന്തോഷിക്കുകയോ വിഷമിക്കുകയോ ചെയ്യും വരാൻ പോണതിനെ കുറിച്ച് ഭാവന ചെയ്തുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ഇരിക്കും മുമ്പിൽ കാണുന്ന വസ്തുക്കളെയൊക്കെ കണ്ട് രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതാണ് മനസ്സ് ആ മനസ്സ് തന്നെ പതുക്കെ ഇയാളെ വിട്ടുപോകും തോറും ശാന്തി ശീതളത ആനന്ദം ഒരു പൂർണ്ണതയുടെ അനുഭവം കുടത്തിൻ്റെ ഉള്ളിലുള്ള സ്പേസ് മഹാകാശമാണ് ഘടാകാശമല്ല കൊടം എന്നൊരു ലിമിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിലും അത് മഹാകാശം തന്നെയാണ് അതുപോലെ ഇതിനകത്തുള്ള ഞാനുണ്ട് എന്നുള്ള അനുഭവം അഖണ്ഡമായി അവിഛിന്നമായി സ്വയം പ്രകാശമായി പൂർണ്ണമായി തെളിഞ്ഞു തുടങ്ങും അപ്പോഴാണ് മനസ്സിലാവണത് നമുക്ക് ഉപേക്ഷിക്കുന്നത് കൊണ്ടുള്ള സാധന നമ്മളെ പൂർണമാക്കണം വ്യതിരേകമായ സാധന കൊണ്ട് നമ്മൾ പൂർണ്ണമാവാണ് ജ്ഞാന തപസ്സാണത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല പൂർണ്ണമാവുന്നത് പലതിനെയും ഉപേക്ഷിക്കണത് കൊണ്ടും പലത് കർത്തൃത്വം ഇല്ലാതാവണതുകൊണ്ടും നമ്മൾ പൂർണ്ണരാകും അതാണ് യോഗം തം വിദ്യ പാണ്ഡവസന് സങ്കല്പോ യോഗ സങ്കല്പം സന്യസിക്ക സന്യസിക്കൽ എന്താ ഉപേക്ഷിക്കൽ എന്തിനോ ഉപേക്ഷിക്കുന്നു സങ്കൽപ്പം എന്തെങ്കിലും വേണമെന്നുള്ള കാമന സങ്കല്പമായിട്ട് മാറും ഡിറ്റർമിനേഷൻ ആണ് എന്തോ വേണമെന്ന് ആഗ്രഹിക്കുന്നു ക്രമേണ അത് വേണമെന്ന് ഡിറ്റർമിനേഷൻ തൃഷ്ണ അത് ഉപേക്ഷിക്കാത്തവൻ ഒരിക്കലും സന്യാസി ആവില്ല അസന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്യൻ യോഗിയുടെ ലക്ഷണം എന്താ അയാളിൽ ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞ പോലെ ആ ഉള്ളൽ മൂവ്മെന്റ് ഓഫ് ബിക്കമിങ് അയാളുടെ ഉള്ളിൽ എന്തോ ആയിത്തീരണം ആയിത്തീരണം എന്നുള്ള വ്യഗ്രതയില്ല ആയിത്തീരാനുള്ള വ്യഗ്രതയാണ് സങ്കല്പം ആയിത്തീരാനുള്ള ആഗ്രഹമേ ഇല്ല കാരണം എന്താ ഇപ്പൊ ഞാൻ എന്താണോ അങ്ങനെ തന്നെ പൂർണ്ണമാണെന്നാണ് അനുഭവം പിന്നെ എന്തായിത്തീരാനാ ഇപ്പൊ എവിടെയിരിക്കണോ എങ്ങനെയിരിക്കണോ അങ്ങനെ തന്നെ പൂർണ്ണമാണ് പൂർണ്ണതയെ ഉള്ളു പൂർണ്ണമിതം പൂർണ്ണമതഹാ പൂർണ്ണമിതം പൂർണാത് പൂർണ്ണമുദക്ഷേ പൂർണ്ണ പൂർണ്ണമാവശിഷ്യത്തെ അല്ലേ ഈ നമ്പർ എടുത്താലേ സീറോ അത് പൂർണ്ണമാണ് പൂജ്യം അല്ലേ അതുകൊണ്ടാണ് അതിന് പൂജ്യം എന്ന് പേര് പൂജിക്കപ്പെടേണ്ടത് പൂജ്യം അത് ഇനി ഒരിടത്തേക്കും വലിക്കാൻ പറ്റില്ല അത് എഴുതുമ്പോൾ വട്ടം ഇട്ടുകഴിഞ്ഞാൽ ഒക്കെ ജോയിൻ്റായി പൂർണമായി പിന്നെ ഒന്ന് രണ്ടുമൊക്കെ എഴുതുമ്പോ അതിനൊക്കെ വാലും തലയുമൊക്കെ ഉണ്ട് എങ്ങടയ്ക്കെങ്കിലുമൊക്കെ വലിച്ചോണ്ട് പോവാം അല്ലേ ഈ സീറോ പോലെയാണ് നമ്മളുടെ സ്വരൂപം പൂർണ്ണ ഇതം പൂർണ്ണമാ അധാ പൂർണ്ണമിതം അധഹെന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം നമ്മളുടെ സ്വരൂപം പൂർണ്ണമാണ് സ്വരൂപത്തിനെ അറിഞ്ഞവൻ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് വരുമ്പോ പൂജ്യം പൂർണ്ണമാണെന്ന് പറഞ്ഞു ഇനി നമ്പർ കൂടെ ഉണ്ട് ഈ എട്ട് ഈ പൂർണ്ണമാണ് എട്ട് പൂർണ്ണമാണ് പക്ഷെ വളഞ്ഞിട്ടാണ് വളഞ്ഞിട്ട് പൂർണ്ണമാണ് എട്ട് എപ്പോഴും മായയുടെ നമ്പറാണ് അഷ്ടധ പ്രകൃതി പ്രകൃതി അഷ്ടധ അതും പൂർണ്ണമാണ് പൂജ്യവും പൂർണ്ണമാണ് എട്ടും പൂർണമാണ് പക്ഷെ വളഞ്ഞു കൊളഞ്ഞ് പൂർണമാണത് അത് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞു വന്ന് ഒന്നാവാണ് വാസ്തവത്തിൽ പൂജ്യത്തിന് ഒന്ന് വളച്ചാൽ എട്ടാവും സ്ട്രാങ്കുലേറ്റഡ് സീറോ ബിക്കംസ് എയ്റ്റ് അല്ലെ പൂജ്യത്തിന് ഇത്തിരി വളച്ചു കഴിഞ്ഞാൽ അത് എട്ടാവും പൂജ്യം ഈ കുക്കറിന്റെ ഗ്യാസ് കെറ്റ് എടുത്തിട്ടൊന്ന് വളച്ചാൽ മതി അതെട്ടാവും പൂജ്യം പൂർണ്ണമാണ് എട്ടും പൂർണ്ണമാണ് എട്ടെന്ന് ഈ ഒരു ചൊല്ലിൻ്റെ എട്ടും പൊട്ടും തിരിയാത്തു പറയും എട്ടും പൊട്ടും തിരിഞ്ഞാൽ അയാൾ പൂർണ്ണമായി പൊട്ടെന്ന് വെച്ചാൽ പൂജ്യമാണ് ബിന്ദു അത് പൂർണ്ണമാണ് എപ്പോഴും സീറോ ആണ് പൊട്ട് പിന്നെ അടുത്ത എക്സ്ട്രീമാണ് എട്ട് സത്യത്തിനെ അറിഞ്ഞാൽ സത്യം പൂർണ്ണമാണ് അത് കഴിഞ്ഞിട്ട് പ്രപഞ്ചത്തിനെ കാണുമ്പോൾ ശരീരമും മനസ്സും ഇവിടെയുള്ള പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ അതും പൂർണ്ണമാണെന്ന് പൂർണമിതം ആർക്ക് പൂജ്യത്തിനെ അറിഞ്ഞവന് മാത്രമേ ഇത് പൂർണമാവുള്ളൂ അല്ലാത്തവനില്ല അത് അറിഞ്ഞ ശേഷം ഇവിടേക്ക് വരുമ്പോ ഇവിടെ എല്ലാ കോലാഹലങ്ങൾക്ക് നടുവിലും എല്ലാ കുഴപ്പങ്ങൾക്ക് അയാള് പൂർണത്തെ കാണുകയാണ് വളഞ്ഞു കൊളഞ്ഞിട്ടാണെങ്കിലും അതും It is complete. It is complete. I am not ready to go into that part of it. He said, He did not go into that part of it. He sat here in the audience. He knew. He was true. He knew. That trueness would be ещё in the voice of the guacamole. In English to hear from him, in theospel, he said like, ജ്വരം എന്നാണെന്ന് പറഞ്ഞത് ജ്വരം എന്ന് വച്ചാൽ നമ്മൾ സൂക്കേടിനെയാണല്ലോ ജ്വരം എന്ന് പറയാ ഏറ്റവും വലിയ ജ്വരമായിട്ട് പറയണത് ആയിത്തീരണം ആയിത്തീരണം അതുള്ളവരെ തൃഷ്ണ ബുദ്ധൻ പറയണ തൃഷ്ണ ആ തൃഷ്ണ ശമിക്കേല ശരീരമൊക്കെ വയ്യാതായിട്ടുണ്ടാവും നടക്കാൻ വയ്യ എഴുന്നേക്കാൻ വയ്യ കാലക്കാൻ വയ്യ കൈ അനക്കാൻ വയ്യ കിടപ്പാണ് മുത്തശ്ശനെ പോയി ചോദിച്ചാൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നിനി ഫുട്ബോൾ കളിച്ചാൽ വേണ്ടില്ല എന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഇനി എന്തോ ആയിത്തീരാൻ ആഗ്രഹമുണ്ടെന്ന് ചിലരൊക്കെ പുനർജന്മത്തിനെയാണോ ഒരു ആശങ്ക ഒരു ഒരു ആശ്വാസമായിട്ട് വെച്ചോണ്ടിരിക്കുന്നത് ഇനിയിപ്പോ അടുത്ത ജന്മത്തിലെങ്കിലും ഒന്ന് എന്തോ ആവണം ആയിത്തീരണം സത്യത്തിനെ അറിഞ്ഞവൻ അവന്റെ ശരീരം എങ്ങനെ വേണമെങ്കിൽ ഇരിക്കട്ടെ ഏത് സ്ഥിതിയിൽ വേണമെങ്കിൽ ഇരിക്കട്ടെ അയാൾക്ക് ശരീരം എന്ത് രീതിയിലാണെങ്കിലും അയാള് ശരീര സംബന്ധമില്ലാതെ തന്നെ പൂർണ്ണനായിട്ട് തീരും അവൻ സങ്കല്പ സന്യാസിയാണ് സങ്കല്പത്തിനെ സന്യാസിച്ചവനാണ് സന്യാസി എന്നുവെച്ചാൽ ഇനി ഒന്നും ആയിത്തീരാനില്ല ഒന്നും നേടിയെടുക്കാനില്ല ഒന്നും പുറമേ നിന്ന് നേടിയെടുത്തിട്ട് പൂർണ്ണമാവാനില്ല സ്വയമേവ ഞാൻ പൂർണ്ണനാണ് പുറമേ നിന്ന് എന്തൊക്കെ വരട്ടെ എന്തൊക്കെ പോകട്ടെ ഗീതയിൽ സ്ഥിതപ്രജ്ഞലക്ഷണം പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു സമുദ്രത്തിൽ എത്ര നദി വന്നു വീണാലും നദികളൊക്കെ വറ്റിപ്പോയാലും സമുദ്രം പൂർണ്ണമാണ് ्रतिष्ठ सप्रविशंति कामायं प्रविशंति सर्वे सशांतिमाप्नो अंगलपति फल कर्म फल कवानी विभाव നമ്മളുടെ കഥയാണത് നമ്മളെപ്പോ നമ്മളെ അറിയണവോ അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിട്ട് തീരുന്നു പുറമേക്ക് എന്ത് വിടങ്ങാവട്ടെ പ്രപഞ്ചം എത്രയോ സൃഷ്ടിക്കപ്പെടട്ടെ നശിപ്പിക്കപ്പെടട്ടെ എനിക്കൊന്നും ആവാനില്ല ശിവനങ്ങനെ സംഹാരത്തിന് നോക്കിക്കൊണ്ടിരിക്കണോ ഇത്ര ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ ഒരു ശ്ലോകം എനിക്ക് തപസാഹസം പശുപത്തെ ുനിഗണം നശ്യം ലയം പശ്യൻ നിർഭയേക ഇവിടെ സംഹാരതാണ് നടക്കുമ്പോ പോലും ഒക്കെ നശിപ്പിക്കപ്പെടുമ്പോഴും എല്ലാതാവുമ്പോഴും ആനന്ദസാന്ദ്രനായിട്ട് നിർഭയയേകയേവ വിഹരത്തി ഒരു ഭയമില്ലാതെ കാരണം ഒന്നുമില്ല ഇതൊക്കെ ഉണ്ടായാലും സൃഷ്ടിച്ചാലും നശിച്ചാലും ഒന്നും സംഭവിക്കണമെന്നില്ലെന്ന് അറിയുന്നവന് ആത്മനഃസ്ഥിതിരീം എന്നാണ് ഇങ്ങനെ ഒരു ആത്മസ്ഥിതി എവിടെ കാണാൻ നോക്കും എന്നാണ് ലഭ്യത ദേവന്മാരൊക്കെ ഈ തത്വം അറിയാത്ത ദേവന്മാരൊക്കെ കിടുകിടാ പശ്യൻ ദേവഗണം ത്രസൻ മുനിഗണം മുനിമാർ പോലും പലരും തത്വനിശ്ചയമില്ലാത്തവരെ പേടിച്ചു വരയ്ക്കുമ്പോൾ പശ്യൻ നിർഭയേക്കയേവ വിഹരത്തി ഇതൊന്തു വേണമെങ്കിലും വരട്ടെ എന്താ ഒന്നും സങ്കല്പമില്ല ഭയമില്ല തന്റെ പൂർണ്ണതയ്ക്ക് പുറമേ നിന്നൊന്നും ആവശ്യമില്ല ആനന്ദ ഭവാൻ ആനന്ദമേ സ്വരൂപമായിട്ട് നിൽക്ക അങ്ങനെയാണ് തത്വമറിഞ്ഞ യോഗി അയാൾ തന്നെയാണ് സന്യാസി എന്ന് പറയുന്നത് സന്യസ്ത സങ്കല്പനാണ് യോഗി സന്യസ്ത സങ്കല്പനാണ് സന്യാസി ഈ സ്റ്റേജ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും നമുക്കൊക്കെ ഇത് പറ്റുമോ ആ സ്ഥിതി വരണമല്ലോ നേടിയെടുക്കണമല്ലോ എങ്ങനെ നേടിയെടുക്കും അതിനെന്താണ് സ്റ്റെപ്പ് സോപാനം എന്താണ് അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നമ്മൾ ധ്യാനത്തിന് അധികാരിയാണോ കർമ്മയോഗത്തിന് അധികാരിയാണോ ഒരു ചോദ്യം വരും ആരാണ് ധ്യാനത്തിന് അധികാരി ആരാണ് കർമ്മയോഗത്തിന് അധികാരി